ശ ശનേ തെ ർനൃ ത്െർത്െ ത്േർെ ത��്െ െ ൓�ത്െ ്്ർെ ്൨ൃ െ�ིམ ്ൗേ�െ്െ�െ ൉ེང ്െ�ർെ ്െ�ར ്െ െ�ེད ്െെ�് എന്നാണ് സിദ്ധാന്തം സിദ്ധാന്തം അങ്ങനെയാണെന്നാണ് സുഹൃത്തിൽ പിന്നെ സുഷുത്തിൽ അഹംബോധമില്ല അതുകൊണ്ട് സുഷുത്തിൽ അഹംബോധത്തെ ആസരിച്ചുള്ള വ്യാപാരങ്ങളും ഇല്ല അതുതന്നെയാണ് സിദ്ധാന്തം പക്ഷെ ശരീരശാസ്ത്രത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോ സുഷൃപ്തിയില് ജീവനുണ്ട് മനസ്സിൽ സുഷൃപ്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണോ മരണത്തിൽ ജീവൻ ഇല്ല മരണത്തിൽ ജീവനില്ല സു ആണെങ്കിൽ ജീവനുണ്ട് ഇപ്പോ ജീവൻ എന്ന് വെച്ചാൽ ശരീരത്തിലുണ്ട് ശരീരത്തിൽ ജീവനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും മെറ്റബോളിസം നടക്കുന്നുണ്ട് ഉപാധ്യ പചയാപ്പ പ്രവർത്തനങ്ങൾ നടക്കുന്നു ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കുന്നുണ്ട് അതുമാത്ര സുഷുതിയില് ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് അഹംബോധം എന്ന് പറയുന്നത് ഇല്ല സുഷുതിൽ അത് ഇപ്പൊ ആത്മാഅ അധ്യാസ ശരീരത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരീരം എന്ന് പറയുന്നതിന് എന്താണോ ജഡം എന്നാണ് അദ്വൈത വിളുത്തിരിക്കുന്നത് ശരീരം ജഡമാണ് അതില് അധ്യാസം വരുമ്പോ അതെന്താകുന്നു ചൈതന്യത്താവുന്നു അഹംബോധം വരുന്നു ശരീരത്തിൽ അഹംബുദ്ധി വരുന്നു അതാണ് എൻ്റെ അടയാളം പിന്നെ ശരീരത്തിൽ മമബോധം വരുന്നു അതൊക്കെയാണ് ഇവിടെ അദ്വീനികൾ പറയുന്നു അപ്പോൾ അത് പറയുന്ന കേട്ടാത്ത ഒന്നും എന്താണ് ഒരു ബഡ്ബിനകത്ത് കറണ്ട് വരുമ്പോൾ അത് പ്രകാശിക്കുന്നു കറണ്ടില്ലെങ്കിൽ പ്രകാശിക്കത്തില്ല കറണ്ട് എവിടെ നിന്ന് വരണം പുറത്തുനിന്ന് കറണ്ട് അതിന്റെ അകത്ത് വരണം പുറമേ നിന്നൊരു കറണ്ട് ബൾബി വന്നാലേ ബൾബ് പ്രകാശിക്കത്തുള്ളു അതായത് പ്രകാശവും ചൂടും ഉണ്ടാവും പുറമേ കറണ്ട് വന്നില്ലെങ്കിൽ അപ്പൊ ഇവിടെ ചൈതന്യം എന്ന് പറയുന്ന ആത്മാവിന്റെ സ്വരൂപം എന്നാണ് പറയുന്നത് അത് എവിടെ വരുന്നു ശരീരത്തിൽ വരുന്നു അപ്പോൾ ശരീരത്തിൽ വരുമ്പം ശരീരത്തില് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു ശരീരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ശരീരത്തിലെ ഓരോ കോശങ്ങൾ നടക്കുന്നു ആ പ്രവർത്തനം ശരീരത്തിലെ ഈ പ്രവർത്തന ഫലമായിട്ടാണ് ശരീരത്തിന് ചൂടുണ്ടാകുന്നത് ഈ കോശങ്ങൾ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നരിച്ചുപോയാൽ ശരീരം എന്ത് സ്വാഭാവികമായിട്ട് തണുത്ത് വിറങ്ങലിച്ചു പിന്നെ ഈ അന്തരീക്ഷത്തിലെ ചൂട് അതുമാത്രമേ ശരീരത്തിൽ കാണൂ അല്ല ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചൂട് അതിൻ്റെ അപ്പോൾ ചൂട് ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ശരീരത്തിൽ നടക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും പ്രവർത്തനം നടക്കുന്നത് ബ്രെയിനിലാണ് അപ്പം ബ്രെയിനിലെ പ്രവർത്തനം സെൻട്രൽ നർവസ് സിസ്റ്റം യോജിപ്പിക്കുന്ന നാടീവ്യവസ്ഥ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ശരിക്കും നടക്കുന്നുണ്ട് അപ്പവിടെ പ്രവർത്തനം നടക്കണമെങ്കിൽ ശരീരത്തിൽ ചൈതന്യം ഉണ്ടായാലേ ഒരു സംഭവിക്കും ബോധം എന്ന് പറയുന്ന ഒന്ന് ശരീരത്തിനുണ്ടായാലേ പറ്റൂ ബോധം ബ്രെയിനുണ്ടായാലേ പറ്റൂ അതിന്റെ അളവിലെ വ്യത്യാസം ജാ ജാഗ്രതത്തിലിരിക്കുന്ന പോലെ ഉണർന്നുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഇല്ലെങ്കിലും അവിടെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളുണ്ടായാൽ നടക്കത്തുള്ളു പിന്നെ എന്താണ് കോശ വിഭജനം പോലെയുള്ള കാര്യങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ജീവന്റെ അടയാളം ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് കോശവിഭജനം എന്ന് പറയുന്നത് അപ്പൊ ജീവൻ എന്ന് പറയുന്നത് എന്തായാലും ശരീരത്തിലുണ്ട് ജീവൻ ശരീരത്തിലുള്ളപ്പോ മൊത്ത ശരീരത്തില് ബോധവില്ലെന്ന് പറയാൻ പറ്റില്ല ശരീരത്തില് ബോധം വ്യാഗ്രത്തില പോലെ ഇല്ലെന്നേ പറയാൻ പറ്റൂ അല്ല പറയാൻ പറ്റില്ല ഇപ്പൊ ശരീരത്തില് ചൈതന്യം ബോധം വരണമെങ്കിൽ നടന്നേ മതിയാകൂ കാരണം ശരീരം ജഡമാണ് പക്ഷെ സുഷുത്തിയിൽ അധ്യാസം ഇല്ലെന്നാണ് പറയുന്നത് സിദ്ധാന്തം അങ്ങനെ സു അധ്യാസം ഇല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ അഹംബോധം ഇല്ലാത്തതുകൊണ്ട് വ്യാഗ്രത്തിൽ അനുഭവിക്കുന്ന അഹംബോധം സുതിൽ അപ്പോൾ ആത്മാഅനാത്മ താതാത്മ്യം കൊണ്ടുണ്ടാവുന്ന അഹംബോധം അതില്ലാത്ത കൊണ്ടാണ് സുഷ്ടത്തിൽ അത്യാസമുണ്ടെന്ന് പറയുന്നു ഇനി അഹംബോധം ഇല്ലെങ്കില് ബോധം വേറെ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ നിൽക്കുമോ എന്നുള്ളതാണ് ശരീരത്തിൽ ബോധമുണ്ട് കാരണം സുഷുത്തിൽ എന്താണോ ശരീരത്തില് സ്പർശനം പോലെയുള്ള ബോധമുണ്ടാവുന്നുണ്ട് ശ്രവണം പോലെയുള്ള ബോധം ഉണ്ടാവുന്നുണ്ട് ഉറക്കത്തി കിടക്കുന്ന വിളിക്കുമ്പോ എന്ത് ചെയ്യുന്നു കേൾക്കുന്നുണ്ട് ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് ബോധ്യാറിയാതെ അപ്പൊ അത് വേണമെങ്കിൽ പറയാം അത് സ്വപ്നം പറയാം അത് തന്നെ അതിന് വേണമെങ്കിൽ സ്വപ്നമെന്ന് പറയാം ഇവിടെ പറയുന്ന സ്വപ്നവും കടന്നുപോകുന്ന സൂക്ഷത്തിയെ കുറിച്ചാണ് സ്വപ്നത്തിലൊക്കെ സ്വപ്നത്തിൽ അവിടെ പറയാം സ്വപ്നത്തിലായ കാണ്ട് അത് തന്നെ ഉണരാതെ സംഭവിക്കുന്ന സ്വപ്നം എന്ന് പറയാമല്ല അത് തന്ന സ്വപ്നാടനം എന്ന് പറയുന്ന പേര് സ്വപ്നാടനം അവരോട് സംസാരിക്കുന്നവര് പറയുന്ന കാര്യങ്ങളുള്ള ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല കാട ഇതിലേ ആണെങ്കിൽ പിടിച്ചു ഇരിക്ക അവര് ഉണരാതന്നെ സംസാരിക്കുന്നു അതിന്റെ സ്വപ്നം സ്വപ്ന അത് ഉറക്കമല്ല അതൊക്കെ സ്വപ്നമാണ് സ്വപ്നാടെന്നാ പറയും നടന്നു പോവുക ഉറക്കത്തിൽ തന്നെ പോയി വാതിൽ തുറക്കുക ഉറക്കത്തിൽ പോയി പാചകം ചെയ്യും ആൾക്കാർ അതൊക്കെ സ്വപ്നാടിനൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ് ഇവിടെ അതല്ല പറയുന്നത് ഗാഢനിദ്ര ആ ഗാഠനിദ്രയിൽ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് പ്പെട്ടു കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് കാടൻ ദന്തരയിലേക്ക് പോകുന്നു ഈ കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യുന്നു ദഹിക്കുന്നു അപ്പോൾ ആ ദഹന എന്ന് പറയുന്ന ശരീരത്തിന്റെ ബ്രെയിൻ മുതൽ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും ബാധിക്കുന്നതാണ് അവിടെ ആവശ്യത്തിന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോ അവിടെയൊക്കെ എന്താണ് ജീവന്റെ പ്രവൃത്തികൾ നടക്കുമ്പോൾ അവിടെ ബോധവുമുണ്ട് ഇത്രയും വ്യക്തമായിട്ടല്ലെന്നേ ഉള്ളൂ ബോധവില്ലെന്ന് പറയാൻ പറ്റും നമ്മുടെ ശരീരമാണെങ്കിൽ ശരി ബോധമില്ലെന്ന് പറയാം നമ്മുടെ ജീവനുണ്ടെങ്കിൽ അവിടെ ബോധവും ഉണ്ടായിരിക്കും ബോധത്തിൻ്റെതായ പ്രവൃത്തികളാണ് അവിടെ അപ്പോ നമ്മുടെ ശരീരത്തിൽ സുഷുതിയിൽ ചൈതന്യം എങ്ങനെ വന്നു എന്നുള്ളതാണ് അയാൾക്ക് ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജാഗ്രതത്തിലേതുപോലെയുള്ള ബോധമില്ലെങ്കിലും ശരീരത്തിൽ എന്താണ് ശരീരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോധം അയാളുടെ ബ്രെയിനിലും ശരീരവ്യാപിയായിട്ടുമുണ്ട് പാഠനിദ്രയിൽ അപ്പോ എങ്ങനെയാണ് ആത്മാവിന്റെ അധ്യാസം കൊണ്ട് ശരീരത്തിൽ ബോധം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ സുഷൃത്വനും അധ്യാസത്തെ അംഗീകരിക്കേണ്ടി വരും സുഷെന്തായാലും ശരീരത്തിൽ കേവലം പ്രാണൻ മാത്രമല്ല ഇതിന് പ്രാണപ്രവൃത്തി എന്ന് പറയാം പക്ഷെ പ്രാണൻ ഉള്ളടത്തിൽ തന്നെ എന്തുണ്ട് ബോധവും ഉണ്ട് ബോധമുള്ള പ്രവൃത്തിയാണ് കേവലം പ്രാണന്റെ പ്രവൃത്തിയല്ല പ്രാണൽന്ന് പറഞ്ഞാൽ എന്താ അവർ ഊർജ്ജം ഊർജ്ജത്തിന്റെ പ്രവൃത്തിയെല്ലാം ഇളക്കുന്നു അങ്ങനെ കേവല ഊർജ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മൃതശരീരത്തിൽ ഇളക്കുന്നില്ല ഈ ശരീരത്തിലെ ഊർജ്ജ പ്രവൃത്തികളൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം ബോധത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ നടക്കത്തുള്ളൂ ആ പ്രവൃത്തികളെല്ലാം നടക്കുന്നുള്ളൂ അതിനുവേണ്ടിന്നുള്ള ബോധം എവിടെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ജാഗ്രത് ബോധമില്ല എന്നെ പറയാൻ പറ്റുമോ സുഷുപ്ത ഒരു ബോധമുണ്ട് ഊർജ പ്രവൃത്തികളെന്ന് അപ്പോ ആ ബോധം സുഷ്പയിൽ ശരീരത്തെ സജീവമായി ജീവനോടെ നിലനിർത്തുന്ന ആ ചൈതന്യം അധ്യാസം കൊണ്ടാണോ സംഭവിച്ചത് അധ്യാസം കൂടാണോ സംഭവിച്ചത് സംഭവിച്ചത് അദ്വൈതുകൾ പറയ പൊതുവെ പറയുന്നത് എന്താണോ അവിടെ അഹംബോധമില്ല അദ്വൈതം അദ്വൈതി പറയുന്നതനുസരിച്ച് അഹംബോധമില്ല അതുകൊണ്ട് അദ്വൈതമനുസരിച്ച് അധ്യാസം ഇല്ലെന്നോ എന്നാ പിന്നെ ഇങ്ങനെ ഈ ചുഴുത്തിയിൽ ബോധം വന്നു ശരീരത്തിൽ ജീവനം നിലനിർത്തുന്ന ബോധം അത് അപ്പോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി എന്താണ് അവിടെ അധ്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അധ്യാസം സംഭവിച്ചുകൊണ്ട് അവിടെ അഹംബോധം ഇല്ല അവംബോധം വന്നാൽ അംബോധം ഉണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല അംബോധം ഉണ്ടെങ്കിൽ എന്താവും ജാഗ്രതവും അല്ലെങ്കിൽ സ്വപ്നമാവും ജാഗ്രത സ്വപ്നത്തിൽ നിന്നും വേറിട്ട് സുരുത്തി എന്ന് പറയുന്ന അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ അധ്യാസത്തെ അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടെന്നുള്ള പ്രശ്നം വരും അവിടെ ശരീരത്തിൽ ജീവൻ നിലനിർക്കുന്നു അംഗീകരിച്ചു കഴിഞ്ഞാൽ അധ്യാസത്തെ അംഗീകരിക്കേണ്ടി വരും അദ്ദേഹത്തെ കഴിഞ്ഞാൽ സുഹൃത്തിയിൽ അധ്യാസം ഉണ്ടെന്ന് വന്നുകഴിഞ്ഞാൽ എന്താ കുഴപ്പം സുഹൃത്തിയിൽ അധ്യാസം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അഹംബോധത്തെ അംഗീകരിക്കേണ്ടി വരും സുഹൃത്തിൽ അഹംബോധത്തെ അംഗീകരിച്ച എന്താ പറയുന്നു ജാഗ്രത ഇതാണ് ഈ അധ്യാസവാദത്തിന് എതിരായിട്ട് ബോധികവാദികൾ പറയുന്ന തർക്കങ്ങൾ ശങ്കരാചാര്യന്റെ അധ്യാസവാദം ശരിയല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ അവര് പറയുന്ന ഇതാണ് അതുകൊണ്ട് അവരെന്താ പറയുന്നത് അങ്ങനെ ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതെന്നെല്ലാം വേറിട്ട് ഏതെങ്കിലും ഒരു ചൈതന്യത്തിന് ഈ ശരീരത്തോട് താതാത്മ്യം വരുന്നതല്ല ഈ ബോധം എന്ന് പറയുന്നത് മറിച്ചാണ് ശരീരത്തിലെ ചെയ്യ അപചയ മെറ്റപ്പോളിസം പോലെയുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അത് ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് ബോധം അത് സുഷൃത്തിയിൽ എന്താണോ ശരീരത്തിൽ ആ പ്രവർത്തനങ്ങൾ എല്ലാം വിശ്രമിക്കുകയാണ് കുറയുകയാണ് ശരീരം എന്ന് പറയുന്നത് വിശ്രമിക്കുന്ന സ്ഥലമാണെന്ത് എന്നുവെച്ചാൽ അവിടെ ഊർജം കുറച്ചു മതി കൈകാലുകൾ ചലിക്കുക ചിന്തിക്കുക ഇങ്ങനെയുള്ള ആവശ്യത്തിനുള്ള ഊർജം അവിടെ ആവശ്യമില്ല ുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യുന്നു ശരീരത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശരീരം ആ സമയത്താണ് ബ്രെയിനിലും ശരീരത്തിലും എല്ലാ റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്നത് നമ്മളൊരു വണ്ടി ഓടിച്ചിട്ട് കൊണ്ട് ഷെഡിക്കേറ്റി ഇടുമ്പോഴാണ് ഷെഡിക്കേറ്റി ഇടുമ്പോൾ വർക്ക്ഷോപ്പിൽ അവര് പതിനായിരം കിലോമീറ്റർ ഓടിച്ചു വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടുന്നു അവരവിടെ എന്ത് ചെയ്യുന്നു എല്ലാ റിപ്പയറും ചെയ്തിട്ട് പിന്നെ അതിന് പുറത്തിറങ്ങി വീണ്ടും ഓടുന്നു പതിനായിരം കിലോമീറ്റർ അതുപോലെ എന്ത് ചെയ്യുന്നു ജാഗ്രത സ്വപ്നത്തിനും എന്തു ചെയ്യുന്നു ഈ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് റിപ്പയറിംഗ് വേണ്ടി ഈ റിപ്പയറിംഗിന് വേണ്ടി ഷെഡിക്കേറ്റ് ഇടുന്നതാണന്ത്റക്കം അവിടെ ഇത് റിപ്പയർ ചെയ്യുമ്പോൾ ബ്രെയിൻ ഉൾപ്പെടെ ശരീരത്തിന് എല്ലാ കോശങ്ങളിലും വേണ്ട റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് ഫിറ്റാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും ജാഗ്രതത്തിലേക്ക് ഫുൾ പ്രവർത്തനത്തിലോ അപ്പോ സുഷുതി എന്ന് പറഞ്ഞാ എന്താണ് എഞ്ചിൻ ഓണാക്കി ഇട്ടിരിക്കാണ് വണ്ടി ഓടുന്നില്ല മനസിലായോ ജാഗ്രത സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ടി ഓടിക്കോണാക്കിയിരിക്കുക മാത്രല്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പല പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നു ൃഷ്ടത്തിന്റെ ദൃഷ്ടി അദ്വൈതികൾ എന്താ സമാനം പറയുന്നത് അദ്വൈതി പറയുന്നത് സുഷൃത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രാണപ്രവർത്തനമാണ് മനസ്സിലായോ സുഷ്ടോധമേയില്ല പിന്നെ ഈ സുഷൃപ്തിയില് ീ നടന്നുകൊണ്ടി ശരീരത്തിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ് പ്രാണപ്രവൃത്തിയാണ് നടക്കുന്നത് ബോധമല്ല സുഹൃത്തിൽ ബോധമില്ല അത്യാസവിന്റെ ബോധമില്ല അപ്പൊ സുഴുത്തിൽ ഈ പ്രാണപ്രവർത്തി അങ്ങനെ പ്രാണപ്രവൃത്തി നടക്കുന്നോണ്ട് എന്ത് ചെയ്യുന്നു ബ്രെയിൻ പ്രവർത്തിക്കുന്നു ശരീരം പ്രവർത്തിക്കുന്നു കോശങ്ങളുടെ പ്രവൃത്തി എല്ലാം പ്രാണപ്രവൃത്തിയാണ് ബോധമേ ഇല്ല ഈ പ്രാണപ്രവൃത്തി എങ്ങനെ നടക്കും അതെങ്ങനെ നടക്കും പറയണ്ടേ അധ്യാസം ഇല്ല അധ്യാസമില്ല അധ്യാസം വന്നാൽ വരും ബോധം വരും അത് വരുന്നതാണ് ജാഗ്രത സ്വപ്നത്തിലൊക്കെ എന്ത് സംഭവിക്കുന്നു അധ്യാസം വരുന്നു ബോധം വരുന്നു അധ്യാസം വന്നില്ലെങ്കിൽ ബോധമില്ല എന്നാൽ ശരീരത്തിൽ പ്രാണപ്രവൃത്തി നടക്കും ഈ പ്രാണപ്രവൃത്തി ശരീരത്തിൽ എങ്ങനെയണക്കും ബോധമില്ലാതെ പറയുന്നു പ്രാണപ്രവൃത്തി അണകുന്നതിന് ബോധത്തിന്റെ ആവശ്യമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നടക്കുന്നത് പ്രാരബ് കർമ്മ കർമ്മമുണ്ട് ഈ പ്രാരബ്ധ കർമ്മം പ്രാരബ്ധ എന്നൊക്കെ പറയാം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ശരീരം നിലനിൽക്കണം ആ ശരീരം നിലനിൽക്കാൻ വേണ്ടി പ്രാരബ്ധ കർമ്മം കൊണ്ട് ശരീരത്തില് പ്രാണപ്രവൃത്തികളൊക്കെയാണ് ബോധം ലേശമായിട്ട് വിന്തു അപ്പൊ അത് കംപ്ലീറ്റ് ശരീരത്തിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന എന്താണ് പ്രാരബ്ദ കർമ്മ സംസ്കാരമാണ് അന്ധകരണത്തിൽ അത് എന്ത് ചെയ്യുന്നു പ്രാരബ്ധകർമ്മ എന്താണ് ജീവന നിലനിർത്തുന്ന പ്രാരബ്ദ കർമ്മം എന്ന് പറയുന്നത് ജീവന നിലർത്തുന്നാണ് അപ്പൊ മരണം വരെ എന്ത് കാണും പ്രാരബ്ദ കാണും അപ്പൊ മരണം വരേന്റെയും ഈ അധ്യാസം സംഭവിക്കാത്ത സുഷുതിയില് പ്രാരബ്ധ ജീവനെ ഈ ശരീരത്തിൽ നിലനിർത്തും അപ്പൊ വിളിച്ച കേൾക്കുന്നു ദേഹത്തിൽ പുറുമ്പ് കടിച്ചറിയുന്നു അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണോ ശരീരത്തിൽ ബോധം വരുന്നത് വിളിച്ചാക്കി കേൾക്കുക കുറുമ്പ് കടിച്ചറിയുക ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് അപ്പോഴെല്ലാം ആത്മാവ് ശരീരവും തമ്മിലുള്ള താതാന്യം അധ്യാസം സംഭവിക്കുന്നു അപ്പോ അധ്യാസവിടെ സംഭവിക്കുന്നു പ്രാണപ്രവൃത്തി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ജാഗ്രത നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സുഷുപ്തിയില് പ്രാണപ്രവൃത്തി എന്താ ചെയ്യുന്നത് സുഷുപ്തിയില് ഈ ശരീരത്തെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉറുമ്പ് പേടിക്കുകയോ മറ്റൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്ത് വരുന്നു അവിടെ സംഭവിക്കുന്നത് അധ്യാസം അധ്യാസം കൊണ്ടെന്ത് വരുന്നു ബോധം വരുന്നു അഹംബോധം വരുന്നു ശ്നം വരുന്നു നമ്മളിപ്പോ അഹംബോധത്തെ കുറിച്ച് പറയുന്നു അധ്യാസം കൊണ്ടാണ് അഹംബോധം വരുന്നെന്ന് പറഞ്ഞു ഇപ്പോ ഒരാള് ശ്രദ്ധിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരാള് ശ്രദ്ധിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു കോമഡി കണ്ടുകൊണ്ടിരിക്കുന്നു പഴയ സമയം ഈ കോമഡി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അയാളുടെ ഉള്ളിൽ അഹംബോധം ഉണ്ടോ അതുകൊണ്ടല്ലേ അയാളുടെ ഉള്ളിൽ അഹംബോധം ഉണ്ടോ പ്രത്യേക നടക്കുന്നേ ഒരാള് കോമഡി കണ്ട് തിരിച്ചുകൊണ്ടിരിക്കോധം ഉണ്ടോ അതുകൊണ്ടാണല്ലോ ഞാൻ വളരെ രസകരമായി കോമഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉം ആ സമയത്ത് അഹംബോധം ഇല്ല എന്തുകൊണ്ടാ അഹംബോധം ഉണ്ടെങ്കി അയാൾ എന്തറിയണം ഞാൻ കോമഡി കണ്ടുകൊണ്ടിരുന്നു ഇരിക്കുന്നു എന്നയാൾ തന്നെ കുറിച്ചറിയണം അതിന് എന്താണ് പറയുന്നത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി ഞാൻ പരിസരമെല്ലാം മറന്നുപോയി ഞാൻ എന്താണ് ആ അതെല്ലാം മറന്നിട്ട് ഞാൻ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നുള്ള ബോധമുള്ളപ്പോഴാണ് അഹംബോധം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നുള്ള ബോധം ഇല്ലെങ്കിൽ അവിടെ അഹംബോധമില്ല ബോധമുണ്ട് അഹംബോധമില്ല ബോധമില്ലെന്നെ പറയുന്നത് പണ്ടിച്ചിരിക്കുമ്പോ എന്നാണ് അയാൾക്ക് ബോധമുണ്ട് പക്ഷെ അഹംബോധം അഹംബോധം ഉണ്ടെങ്കിൽ എന്ത് വേണം ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ എന്നുള്ള ബോധം കൊണ്ടുണ്ടായാലും അഹംബോധം ഉണ്ടാവും അല്ലെങ്കിൽ കേവലം പ്രവർത്തിക്കുന്നു ആ ബോധമേ ഉള്ളൂ എങ്കിൽ ഞാനില്ലെങ്കിൽ അവിടെ അവംബോധമുണ്ട് അംബോധം എന്ന് പറയുന്നത് എന്താണ് അത് പ്രകടമായാലേ അഹംബോധം എന്ന് പറയാൻ പറ്റൂ പ്രകടമാവുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ബോധമേ ഉള്ളൂ അവിടെ അവംബോധം ഇല്ല ആനന്ദത്തെ കുറിച്ചുള്ള ബോധമുണ്ട് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് എല്ലാമുണ്ട് പക്ഷെ അഹം എന്നുള്ളതൊന്നും അവിടെ ഇല്ല അപ്പൊ ബോധമുണ്ട് അഹം എന്ന ബോധമില്ല അപ്പൊ പിന്നെ അവിടെ അധ്യാസം ഉണ്ടോ ഗ്യാസമുള്ളപ്പോഴാണ് അധ്യാസം ആകുമ്പോ ബോധം ഇവിടെ അഹം എന്ന ബോധമില്ല പക്ഷെ കാണുന്നു കേൾക്കുന്നു ചിരിക്കുന്നു രുചിക്കുന്നു എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു പക്ഷെ എന്തില്ല ആഹോ എന്നുള്ള ബോധം ഇല്ല പാണിയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ അധ്യാസമുണ്ട് അധ്യാസം ഉണ്ടാവുമ്പോധും പറ്റണം ഇവിടെയാകുമ്പോൾ അവംബോധമില്ലാതെ ആസ്വാദനങ്ങൾ നടത്തുകയാണ് ഞാൻ എന്നുള്ള ബോധം കൂടാതെ ഞാനെന്നുള്ള ബോധം ഉള്ള സന്ദർഭങ്ങളും നമുക്കുണ്ട് ബോധം ആ ബോധമില്ലാത്ത സന്ദർഭങ്ങളും നമുക്കുണ്ട് ഞാനെന്നുള്ള ബോധം ഇല്ലാത്ത സന്ദർഭങ്ങൾ കൂടുതലും ാണ് എന്ത് ചിന്തിക്കുന്നത് ഞാൻ ആരെങ്കിലും നമ്മളെ വിസംബോധന ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൃതി വരുമ്പോ തന്നെ സംബന്ധിക്കുന്ന അപ്പൊ മാത്രമേ എന്ത് ചിന്തിക്കാറുള്ളൂ ഞാനെന്ന് അല്ലെങ്കിൽ ഞാനെന്നുള്ളൊരു ബോധം അവിടെ ഇല്ല മറ്റെന്ത് ചെയ്യുന്നു നമ്മൾ ചിന്തയിൽ മുഴുകുന്നു ഞാനെന്നുള്ള ബോധം അവിടെ ഇല്ല മിക്ക സമയത്തും നമുക്ക് അഹംബോധം നഷ്ടപ്പെടുകയാണ് അപ്പോ അധ്യാസം അഹംബോധം എന്ന് പറയാൻ പറ്റൂ അഹംബോധം നഷ്ടപ്പെടുമ്പോ അധ്യാസം ഇല്ലെന്ന് പറയുന്നത് അധ്യാസം പിന്നെങ്ങനെ ബോധം ഉണ്ടായി അവിടെ എന്താ പറയുന്നത് അവിടെ പറയുന്നത് എന്താണ് അവിടെ അധ്യാസം സംഭവിക്കുന്നുണ്ട് പക്ഷെ അഹംബോധത്തിന് പ്രതിബന്ധമുണ്ട് പ്രതിബന്ധമുള്ള എന്താണ് പ്രതിബന്ധം മനസ്സിന്റെ വിക്ഷയം മനസ്സ് വിക്ഷിപ്തമായിരുന്നു അഹംബോധത്തിന് പ്രതിബന്ധമായി അത് അതുകൊണ്ട് അഹമൊന്നും ബോധമുണ്ടാവുന്നില്ലെന്നേ ഉള്ളു പക്ഷെ അവിടെ എന്തുണ്ട് അത്യാസം ഉണ്ട് എല്ലാത്തിനും യുക്തിയുണ്ട് ഈ പറയുന്നതല്ല എന്താണ് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അധ്യാസം ഉള്ളിടത്തെ അഹംബോധം വേണം നിർബന്ധമില്ല അധ്യാസം സംഭവിക്കുമ്പോ അതൊക്കെ എണ്ണത്തിൽ ഒരുപാട് വിക്ഷേപങ്ങളുണ്ടെങ്കിൽ അഹോന്നുള്ള ബോധമില്ലാതിരിക്കും അല്ലെങ്കിൽ പ്രാരബ്ധം പ്രാരബ്ധ പ്രതിബന്ധകമായി കഴിഞ്ഞാൽ പ്രാരബ്ധ സംസ്കാരം ഉണ്ടല്ലോ ഒരുപാട് അത് പ്രതിബന്ധമായി കഴിഞ്ഞാൽ അഹമെന്നോടെ സ്ഫുരണം ഇല്ലാതിരിക്കും അഹം സ്ഫുരണം ഇല്ലായിരിക്കും പക്ഷെ അവിടെയൊക്കെ ബോധമുള്ളതുകൊണ്ട് എന്താണ് വിദ്യാസം ഉണ്ട് എന്നാണ് അപ്പൊ ജാഗ്രതത്തിലൊക്കെ എപ്പോഴൊക്കെ ബോധമുണ്ടോ അവിടെയൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നിടത്തെല്ലാം അഹം സ്ഫുരണം വേണോന്നില്ല അതിന് പ്രതിബന്ധമുണ്ടായാൽ അത് ഇണ്ടാകും എന്നാൽ സുഷുത്തിൽ അവിടെ ബോധമേ ഇല്ല സുഷുതിയിൽ ബോധമേ അവിടെ എന്തുണ്ട് പ്രാണപ്രവൃത്തി ഉണ്ട് അതുകൊണ്ട് സുഹൃത്തിയിൽ എന്തില്ല അധ്യാസമില്ല അഹംബോധവുമില്ല ബോധവുമില്ല ഒരു ബോധവുമില്ല സുഷ്ടത്തിൽ ബോധമുണ്ടെന്നുള്ള എന്താ തെളിവ് എന്താ തെളിയിക്കാൻ പറ്റും സുഷുത്തിയിൽ ബോധമുണ്ടെന്ന് അപ്പം ഉണർന്നതിന് ശേഷമാണ് അതൊക്കെ ഉണർന്നിരുന്ന് പറയുന്ന കാര്യം സുഷുപ്തിൽ ബോധമുണ്ടെന്നോളു തെളിവന്നു ഉണർന്നതിന് ശേഷം പലതും പറയും സ്വപ്നം കൊണ്ടെന്ന് പറയും സുഖിച്ചെന്ന് പറയും അതെല്ലാം അതൊക്കെ ഉണർന്നതിന് ശേഷമുള്ള കാര്യം അഹബുദ്ധിയൊക്കെ വരുന്നേപ്പോ മരണമൊന്നും ഇപ്പൊ പറഞ്ഞല്ലോ വരണോന്നും നിർബന്ധമില്ല വരാതെ ഇരിക്കുക അപ്പൊ സുഷുതിയിൽ ബോധമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവില്ല സുഷുത്തിയിൽ പിന്നെ എന്തുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് അങ്ങനെയാണ് തെളിവുണ്ട് ഇതുവരെ പറഞ്ഞു പറഞ്ഞു പ്രാണപ്രവർത്തികളാണ് ബാക്കി സുഹൃത്തിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പ്രാണപ്രവർത്തികളാണ് എല്ലാ സംഭവിക്കുന്നത് അതിന് കാരണം എന്താണ് അഭ്യാസമുണ്ട് പിന്നെന്താണ് പ്രാരബ്ധെന്ന് പറയുന്നത് പ്രാരബ് അവിടെ എന്തു ചെയ്യുന്നു പ്രാണനം നിലനിർത്തിയിരിക്കുകയാണ് ഈ ശരീരത്തിൽ അപ്പൊ ശരീരത്തിൽ പ്രാണനം നിലനിർത്തുന്നത് അത് അധ്യാസമല്ല മറിച്ച് എന്താണ് എന്താണ് പ്രാരബ്ദ കർമ്മമാണ് പ്രാരബ്ധ സംസ്കാരം അങ്ങനെയാണ് ദ്വീപിനെ വ്യാഖ്യാനിക്കുന്നത് െ ചിന്തിച്ചു കഴിയുമ്പോൾ അവസാനം എന്തുവരും സുഷൃപ്തിയിൽ അധ്യാസം എല്ലാ അവംബോധം എല്ലാ സുപ്തിയിൽ പ്രാണൻ ഉണ്ട് സുപ്തിയിലെ ശരീരത്തിനും എല്ലായിടത്തും പ്രാണൻ എവിടെയൊക്കെ പ്രവർത്തിക്കുമോ അവിടെയെല്ലാം പ്രാണന്റെ പ്രവൃത്തി ഉണ്ട് ബ്രെയിനിന്റെ പ്രവൃത്തിയാണെങ്കിലും പ്രാണപ്രവൃത്തിയാണ് ശരീരത്തിന്റെ പ്രവൃത്തിയാണെങ്കിലും എന്താണ് പ്രാണപ്രവൃത്തിയാണ് അത് ഏതുവരെ തുടരും പ്രാര സംസ്കാരം ശേഷിക്കുന്നത് വരെ തുടർന്നുകൊണ്ടേ സുഹൃത്തി അവിടെ പ്രമാതൃത്വം അറിയുന്നവൻ പ്രമാണങ്ങളെ ഉപയോഗിക്കുന്നവനോട് വരും കർത്താവർത്വം വരും അപ്പോ ആ പ്രമാകർത്തും പ്രമാതാവ് അവിടെ വന്ന് വരുമ്പോ അതിനെ ആശ്രയിക്കുന്നുവന്ത് പ്രമാണങ്ങളല്ല അതൊക്കെ ഈ പ്രമാണങ്ങളൊന്നും ആത്മാവിനെ ആശ്രയിക്കില്ല ആത്മാവ് നിർഗുണമാണ് പിന്നെ എന്തിനെ ആശ്രയിക്കുന്നു പ്രമാതാവ്ന്ന് വെച്ചാ പ്ര കർത്താവാണ് പ്രമേയം സംബന്ധിച്ച് സ്വാതന്ത്ര്യമുള്ളവനാണ് സ്വാതന്ത്ര്യ കർത്താവ് അപ്പൊ ആ പ്രമാതാവിനെ ആശ്രയിക്കുന്നു ആ പ്രമാതാവിനെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്നു വെച്ചാൽ പഞ്ചേന്ദ്രിയ പ്രവർത്തിക്കുന്നു ബുദ്ധി അനുമാനവുമാനം എല്ലാം പ്രവർത്തിക്കുന്നു ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദത്തഗ്രഹിക്കുന്നു അപ്പോൾ മനസ്സിൽ ശബ്ദ പ്രവർത്തിക്കുന്നു ഇതെല്ലാം എന്താണ് അഭ്യാസ സംഭവിച്ച് ജാഗ്ര അധ്യാസ് സംഭവിച്ച് അന്ധകരണത്തിൽ ചൈതന്യ താതാത്മ്യം കൊണ്ട് പ്രമാതൃത്വം ആ പ്രമാതൃത്വം വരുമ്പോ അവിടെ പ്രമാണാശ്രയത്വം ഈ പ്രമാണാശ്രയത്വം വരുന്നത് പ്രത്യക്ഷാധിപരം ആശ്രയത്വം വരുന്നത് എവിടെയാണ് ശരിക്കും താതാത്മ്യം വന്നുകഴിഞ്ഞ അന്ധകരണത്തിലാണ് അല്ലെങ്കിൽ അതിനെപ്പറയാൻ എന്താണ് ജീവഭാവം കേവലമായ ചൈതന്യത്തിലല്ല കേവലമായ ജഡത്തിനുമല്ല രണ്ടിനുമല്ല ഇപ്പൊ ഗാഠ നിദ്രയില് ആത്മാവ് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവിടെ ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും എല്ലാം ഉള്ളത് ശരീരമെല്ലാം ഉള്ളത് അതെല്ലാം ഉണ്ടെങ്കിലും അവിടെ പ്രാണപ്രവൃത്തികളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഈ അത്യാസം ബോധമില്ല ശരി അപസൂഷ്ടി എന്ന് പറയുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് വരുന്നു കാരണം സുഷു അധ്യാസം സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ജാഗ്രത ഇരുന്നപ്പോ അധ്യാസം സംഭവിച്ചു അപ്പൊ ആ ജാഗ്രതയിൽ നിന്ന് എന്തുകൊണ്ട് സുഷുയിലേക്ക് പോയി അതെന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നു അതിനെന്താ കാരണം അത് പ്രാരബ്ദം തന്നെ പ്രാരബ്ധ സംസ്കാരം കാരണം ആത്മാവും അനാത്മാവും തമ്മിൽ തതാത്മ്യത്തിയിരിക്കണം പ്രാരബ്ധ സംസ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നു അധ്യാസം എന്നു പറയുന്നത് നിലച്ചുപോകും ആ താതാത്മ്യം നിലച്ചുപോകും ആ താതാമ്യം നിലയ്ക്കുന്നതാണ് ശരിക്കും എന്ത് നിദ്ര എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ആ കുറെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ സുഷൃത്തിയിലാണെങ്കിലോ ആ താതാത്മ്യം പൂർണമായും നിലച്ചുപോയി അപ്പോ അതെന്തുകൊണ്ടങ്ങനെ നനയ്ക്കുന്നു കാരണം ശരീരം ഇന്ദ്രിയം ഇതിന്റെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനൊരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത് പ്രാരബ്ധ സംസ്കാരം പ്രാണപ്രവർത്തികൾക്കെല്ലാം കാരണമായിരിക്കുന്ന എന്താണ് ആ പ്രാരബ്ധ സംസ്കാരം എന്ന് പറയുന്നത് സുഷൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രാരബ്ധ സംസ്കാരം വരുന്നു ജാഗ്രത പ്രാരബ്ധ സംസ്കാരം ചെയ്യുന്നു അതിനെ മറ്റേ സംസ്കാരം കീഴ്പ്പെടുത്തുന്നു അപ്പൊ തീരെ സംസ്കാരം എന്നു കഴിഞ്ഞാൽ എന്താസം നഷ്ടപ്പെട്ടു പോകുന്നു എങ്ങനെയാണോ കറണ്ട് പോകുമ്പോൾ ലൈറ്റ് ഓഫായി പോകുന്നു എന്തുകൊണ്ട് ലൈറ്റ് ഓഫായിന്ന് ചോദിച്ചാൽ കറണ്ട് കറണ്ട് എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു സ്വിച്ച് ഓഫ് ആക്കി അപ്പോ സ്വിച്ച് ഓഫാക്കുന്നത് എന്താണ് പ്രാരബ്ദ കർമ്മങ്ങളാണ് അതെല്ലാം ചെയ്യുന്നു ാണപ്രവൃത്തിയോടെ തുടരുക കറണ്ടവിടെ ഉണ്ട് ഇവിടെ കമ്പിയിലുണ്ട് വൈദ്യുതി എന്ന് പറയുന്നത് അവിടെ ഉണ്ട് അതും നഷ്ടപ്പെട്ടിട്ടില്ല അത് നിലനിൽക്കേ തന്നെ എന്ത് ചെയ്യുന്നു ആ കണക്ഷൻ പെട്ടുപോകും കണക്ഷൻ പെടുത്തി കളയാണ് എന്ത് ചെയ്യുന്നത് പ്രാരോപര് അപ്പൊ കണക്ഷൻ പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു നിന്നു പോകുന്നു അപ്പോൾ പ്രാണപ്രവൃത്തികളിൽ അവിടെ തുടരുന്നു സുഷ്ടിയിലേക്ക് കിടക്കുന്നു വീണ്ടും ആ സുഷ്ടിക്കുള്ള പ്രാരബ്ദം ക്ഷീണിക്കുന്നു അപ്പം ജാഗ്രതത്തിലേക്കുള്ള ആ പ്രാരബ്ദ കർമ്മം ഉണർന്നു വരുന്നു അങ്ങനെ വരുമ്പോന്നെയുന്നു അത് സപ്പോർട്ട് ചെയ്യും ആത്മാഗുമുള്ള അത്യാസം സംഭവിക്കുന്നു ഇതൊക്കെ എന്താണ് ജാഗ്രത സുഷ്ടെ സംഭവിക്കുന്നു അധ്യാസം എങ്ങനെ സംഭവിക്കുന്നു അധ്യാസത്തിൽ എങ്ങനെയാണ് അഹംബോധം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് അദ്വൈതിയുടെ വ്യാഖ്യാനങ്ങളാണത് അദ്വൈദികളെല്ലാം പറയുന്നതിന് അവരുടേതായ വ്യാഖ്യാനം ഉണ്ട് അതിൽ ചില കാര്യങ്ങളെ സിദ്ധാന്തപരമായി അംഗീകരിക്കണം എന്താണ് പൂർവ്വ ജന്മം ആ ജന്മത്തിൽ നിന്ന് എന്തുണ്ടായി സംസ്കാരം ഉണ്ടായി ആ സംസ്കാരമാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങളെ സ്വീകരിച്ചാല് ഇതൊക്കെ മനസ്സിലാവത്തുള്ളു മനസ്സിലാവുക അതുകൊണ്ട് സുഷുതിയെ കുറിച്ചാണോ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാ ആണ് അവിടെ എന്താണ് വിശേഷത അധ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അമ്പത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ പ്രാണലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പൊ അത്യാസമില്ലാതെ പ്രാണനെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം കൊണ്ട് എന്താണ് പ്രാരബ്ധ സംസ്ഥാനം ഇതൊക്കെയാണ് നമ്മുടെ കൂടുതലായും